shiro <laughs> സന്താനഗ്രേസ വർചോണ്ട് കേനാം വംശത് നഹം ന ജീשוവേ ദേതേ നാമനേ ജീשוവേ ദേതേ നനവേ ദേദീവി തച്ഛാ യോനസ് തത്വേദ തത്വേദാ നനവേ ദേദീവി തച്ഛാ ചനം വസ്തു അനുമാനുഭവ്യം സംയോജ്യം വാക്യേവാദം മന്ദബുദ്ധിഗ്രഹവ്യപോഹാർ തർജിതം ഉപതി ഞാൻ നല്ലവണ്ണം അറിയുന്നു എന്ന് പറഞ്ഞ് ശരിയല്ല എന്നാചാര്യൻ പറഞ്ഞു വീണ്ടും ശിഷ്യൻ ഏകാന്തത്തിലിരുന്നു ധ്യാനിച്ചത് അതിനാചാര്യൻ പറഞ്ഞത് ശരിയായ താല്പര്യം മനസ്സിലാക്കാം ആചാര്യൻ പറഞ്ഞത് കേട്ടു പലതവണ മന മനനം ചെയ്തു അതിൻ്റെ പൂർണ്ണമായ താല്പര്യം ഗ്രഹിച്ചില്ല അത് ഗ്രഹിച്ചതിന് ശേഷം പറയുന്നു അതിനെ കുറിച്ചാണ് കുടുംബാഷികാരൻ പറഞ്ഞെന്താണ് ശിഷ്യൻ ഗർജിക്കുന്നു ജല ആവർത്തിച്ച് പറയുന്നു സംശയരഹിതമായി പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ അതറിയുന്നു എന്നാണ് എന്താണോ അങ്ങ് പറഞ്ഞത് അതിന്റെ താല്പര്യം ഇപ്പോൾ എനിക്ക് പിടികിട്ടി അന്യദേവീത്യുക്തം എന്ന് പറയുമ്പോ മുമ്പ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശബ്ദങ്ങളിലൂടെയെല്ലാം എന്നെ ബോധിപ്പിച്ച ആ വസ്തു പരമാർത്ഥതം അത് കേവലം ബോധനം കൊണ്ട് അതിൻ്റെ പൂർണ്ണതയെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അനുമാന അനുഭവാഭ്യാം അനുമാനം എന്ന് പറയുമ്പോൾ ഇവിടെ യുക്തി യുക്തിയിലൂടെയും അനുഭവത്തിലൂടെയും ആദ്യം യുക്തിക്ക് ബോധ്യപ്പെട്ടതാണോ എന്ന് പരിശോധിച്ച് അത് സ്വനുഭവത്തിലെത്തി സംയോജ്യ രണ്ടും അത് യുക്തിയെ ചേർക്കുന്നതിന് അനുഭവം ഭ്രമാത്മകവുമാകാം അത് നേരത്തെ പറഞ്ഞു ശ്രവണം കൊണ്ടൊരാൾക്ക് ഭ്രമാത്മകമായ അനുഭവം ഉണ്ടാവാം ഭ്രമങ്ങൾ യുക്തില്ല അതുകൊണ്ടാണ് ഭ്രമത്തെ കുറിച്ച് അനർവചനീയം എന്ന് പറയുന്നത് അനർവചനീയം എന്ന് പറഞ്ഞാൽ യുക്തിയില്ലാത്ത ഇവിടെ അങ്ങനെയല്ല യുക്തിയും അനുഭവം ചേർന്നിരിക്കുന്നു യുക്തിയും അനുഭവം കൂടി ഒരുമിക്കുമ്പോൾ അത് യഥാർത്ഥ അനുഭവമായി ഒന്നിനെ അനുഭവ സത്യമാണോ അസത്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല മരുഭൂമിയിൽ ജലം കണ്ടുകഴിഞ്ഞാൽ അത് വാസ്തവത്വ ജനമായിരിക്കാം അല്ലെങ്കിൽ കാനജനമാകാം ഭ്രാന്തിയായിരിക്കാം ഏതായാലും അനുഭവവേളയിൽ അത് നിർണയിക്കാൻ ഇത് സത്യമാണോ അസത്യമാണോ അത് അനുഭവി അത് അനുഭവം കൊണ്ട് മാത്രം നമ്മൾ പറയും അനുഭവിച്ചാൽ അത് ശരി എൻ്റെ അനുഭവത്തിൽ വന്നാൽ എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ അംഗീകരിക്കാം നമ്മളുടെ അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടൊരു കാര്യം ശരിയായിട്ടുള്ള അപ്പോൾ അനുഭവത്തിന് തുല്യ ബലമുള്ളതാണ് യുക്തി അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ സമാധാനപ്പെടാൻ വയ്യ ബാഹ്യമായ ഭൗതികമായ അനുഭവങ്ങളിൽ പോലും യുക്തിയുടെ സഹായമുണ്ടെങ്കിൽ ആ അനുഭവത്തെ സത്യമെന്ന് പറയാൻ നിർത്തിയില്ല സർവത്ര അങ്ങനെയാണെങ്കിൽ ആന്തരികമായ അനുഭവങ്ങളെ യുക്തിക്ക് നിരക്കാതെ എങ്ങനെ സത്യം എന്ന് പറയാൻ പറ്റും അതുകൊണ്ടാണ് മനനത്തിൻ്റെ ആവശ്യം വരുന്നത് ജലം കണ്ടുകഴിഞ്ഞാൽ അത് ജലവുമാകാം ഭ്രാന്തിയുമാകാം യുക്തിയിലൂടെ പരിശോധിക്കുന്നു അവിടെ ചെന്ന് അടുത്തു നോക്കുന്നു ജലത്തെ സമീപിക്കാൻ ശ്രമിക്കുന്നു സ്പർശിച്ചു നോക്കുന്നു അങ്ങനെ പലതിലൂടെയും അതുകൊണ്ട് ദാഹ ശ്രമിപ്പിക്കാൻ ശ്രമിക്കുന്നു നമുക്ക് മനസ്സിലാവുന്നത് വാസ്തവജലം തന്നെ പക്ഷെ ഇതിനൊന്നും കഴിഞ്ഞില്ലെന്ന് വരും അപ്പോൾ യുക്തി ബോധിപ്പിക്കും ഇത് കേവലം ഭ്രാന്തിയാണ് ആധ്യാത്മികമായ അനുഭവങ്ങളെ സംബന്ധിച്ച ഒട്ടുമുക്കാലും ഭ്രാന്തി ദർശനങ്ങളായിരിക്കും ഭ്രാന്തമായ അനുഭവങ്ങൾ എങ്ങനെ അറിയാം യുക്തിക്കുന്നിരക്കുന്നില്ലെങ്കിൽ ഭ്രാന്തമായ അനുഭവം തന്നെ ഉപേക്ഷിക്കും ഇവിടെ യുക്തിക്കുന്നിരക്കുന്നു ഇതാണ് അനുമാന അനുഭവാഭ്യാസ സംയോജ്യ നിശ്ചിതം വാക്യാന്തരേണ എങ്ങനെ നോന വേദേതി വേദച്ച ആചാര്യ ബുദ്ധി സംവാദാർത്ഥം ആചാര്യ ബുദ്ധി സംവാദം ആചാര്യ ബുദ്ധി സമ്മതി അതിനു വേണ്ടി തൻ്റെ അനുഭവം ശരിയാണോ എന്നുള്ളതിന് പറഞ്ഞല്ലോ യുക്തിയും ആവശ്യമാണോ ഏതനുഭവത്തെ സംബന്ധിച്ച് യുക്തിയും പലപ്പോഴും സഹായിക്കാതെ വരാം ബുക്തി കൊണ്ടും ചിലപ്പം ബോധ്യപ്പെടാൻ കഴിഞ്ഞില്ലെന്ന് വരും അങ്ങനെ വരുമ്പോൾ പിന്നെ ഒരേയൊരു ആശ്രയമേ ഉള്ളു എന്താണോ ആചാര്യന്റെ സമ്മതി പത്രം ആചാര്യൻ പറയുന്നു ശരി ഇവിടെ ശിഷ്യൻ തന്റെ അനുഭവത്തെ ആചാര്യനെ വെളിപ്പെടുത്തുന്നു ഇതല്ലേ ശരി ചാര്യനും അത് അംഗീകരിക്കുന്നു അത് തന്നെയാണ് ആചാര്യൻ എന്തുകൊണ്ട് അംഗീകരിക്കുന്നു തന്റെ അനുഭവത്തിന് സമാനമായ അനുഭവം ആണെന്ന് ആചാര്യന് ബോധ്യപ്പെടുന്നു ഈ അനുഭവം തന്നെയാണ് ഉണ്ടായത് വേദി വേദച്ച കഴിഞ്ഞ ദിവസം വിശദീകരിച്ചതാണ് അപ്പോ ശിഷ്യനും പറയുന്നു എന്റെ അനുഭവം ഇങ്ങനെയാണ് അപ്പം അനുഭവങ്ങളുടെ സമാനത ആചാര്യം പറയുന്ന ഇത് തന്നെയാണ് ശരിയായ അനുഭവം കാരണം അനുഭവത്തെ സംബന്ധിച്ചും ചിലപ്പോൾ മറ്റ് പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊന്നുമുള്ള ഉപായങ്ങൾ ശേഷിക്കത്തില്ല ഇത് പരമമായ അനുഭവമാണ് സ്വ അനുഭവമാണ് കേവലമായ അനുഭൂതിയാണ് അത് മറ്റൊരു ദൃഷ്ടാന്തത്തെ എടുക്കാൻ മറ്റെന്തിനോടെങ്കിലും താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാനില്ല അങ്ങനെ വരുമ്പോൾ അതിനെ തനിക്ക് താരതമ്യം ചെയ്യാൻ വയ്യ ആചാര്യനോട് തൻ്റെ അനുഭവത്തെ വെളിപ്പെടുത്തുക മാത്രം ആചാര്യൻ പറയുന്നു ശരി ഇപ്പോൾ നീ ശരിയായി ഗ്രഹിച്ചിരിക്കുന്നു ആചാര്യ ബുദ്ധി സംവാദം സംവാദാർത്ഥം മൗനമായിരുന്നാലോ തനിക്ക് അനുഭവം ഉണ്ടായി ഒന്നും വേണ്ടുന്നില്ല മൗനമായിരുന്നു പക്ഷേ ആചാര്യൻ ഉപദേശിച്ചു ആചാര്യന് ബോധ്യപ്പെടണം ഞാൻ എന്താണോ ഇയാളെ ബോധിപ്പിക്കാൻ ശ്രമിച്ചത് അത് ഇയാൾ ബോധിച്ചിരിക്കുന്നു പറഞ്ഞിട്ടു ആചാര്യന്റെ അംഗീകാരം അതിനാവശ്യമാണ് മൗനമായിരുന്നാൽ മന്ദബുദ്ധി ഗ്രഹണവ്യപ്പോഹാർത്ഥം മന്ദബുദ്ധിയാണെന്നും ധരിക്കാം മൗനം മഹത്വക്കളുടെയും ലക്ഷണമാണ് മന്ദബുദ്ധികളുടെയും ലക്ഷണമാണ് മൗനമായിരിക്കുന്നുവെന്ന് കരുതി നമുക്ക് മഹാനാണെന്ന് പറയാൻ പറ്റത്തില്ല മന്ദബുദ്ധിയും മൗനമായിട്ട് വിണിപ്പിക്കും നദി പറയുന്ന ഒന്നും തന്നെ അവൻ്റെ തലയ്ക്കകത്ത് കയറുന്നില്ല പിന്നെന്ത് മിണ്ടാനാണ് മിണ്ടാതിരിക്കുക ആചാര്യൻ ആവർത്തിച്ച് ആവർത്തിച്ച് ബോധി ബോധിപ്പിച്ചിട്ടും അവസാനം തളർന്നു മിണ്ടാതിരിക്കാം അങ്ങനെയും മിണ്ടാതിരിക്കാം അല്ല സ്വന്തം ആശയത്തെ പ്രകാശിപ്പിക്കുകയെന്ന വേണം തൻ്റെ അനുഭവത്തെ പ്രകാശിപ്പിക്കുകയെന്ന വേണം അതിനുവേണ്ടി ആണ് പറഞ്ഞത് എന്താണോ ശിഷ്യൻ ഉറക്ക ഗർജിച്ചു എന്ന് പറഞ്ഞതാണ് സംശയദേശമന്യെ അതിനെ പ്രഖ്യാപിക്കുക വാക്കിനാശക്തിയുണ്ട് ആ അനുഭവത്തെ ശരിയായ രീതിയിൽ പ്രകടമാക്കുന്ന ഉള്ള ശക്തിയുണ്ട് ആചാര്യൻ്റെ വാക്കാണ് ശിഷ്യൻ അനുഭവത്തിൽ ഉണ്ടാക്കി കൊടുത്തത് ഈ ശിഷ്യൻ്റെ വാക്കാണിനി മറ്റുള്ളവർക്ക് അനുഭവത്തിൽ ഉണ്ടായി കൊടുക്കേണ്ടത് അതുകൊണ്ടത് പറഞ്ഞേ മതിയാവും എന്ന് പറയുന്നു ആ മന്ദബുദ്ധി ഗ്രഹണം അങ്ങനെ ഒരു മന്ദബുദ്ധിയാണ് ർക്കെങ്കിലും തോന്നുകയാണെങ്കിലോ അതിനെ നിഷേധിക്കുന്നതിനു വേണ്ടി ഇവിടെ ആചാര്യം മുമ്പിൽ ശിഷ്യൻ തന്റെ അനുഭൂതിയെ പ്രകാശിപ്പിക്കുന്നു തഥാചർജിതം ഉപവണ്ണം ഭവതി അതുകൊണ്ട് യുവനസ്തദ്വേദ വേദി അതുകൊണ്ട് ശിഷ്യൻ തന്റെ അനുഭൂതിയെ പ്രകാശിപ്പിച്ചത് വാക്കുകളിലൂടെ അതിന് അത് യുക്തം തന്നെ എന്ന് പറഞ്ഞാൽ അതിന് അഹംഭാവമോ അങ്ങനെയൊന്നുമില്ല എന്തുകൊണ്ടത് ആചാര്യന്റെ മുന്നിലായതുകൊണ്ട് ആചാര്യൻ ഉപദേശിച്ചതിൻ്റെ ഫലമായതുകൊണ്ട് അല്ലാതെ ഒരാൾ വെറുതെ പറയുകയാണ് ഞാൻ ആത്മാവിനെ അറിയുന്നു ആത്മജ്ഞാനിയാണ് ബ്രഹ്മജ്ഞാനിയാണ് അങ്ങനെയൊക്കെ ഭാവിച്ചു കഴിഞ്ഞാൽ അത് അസംഭാവം കൊണ്ടാകാം ഇത് അത്തരത്തിലല്ല എന്ന് പറയും ഗുരു എങ്ങനെയാണോ തൻ്റെ അനുഭൂതിയെ പ്രകാശിപ്പിച്ചത് അതുകൊണ്ട് ശിഷ്യനും അനുഭൂതി സമ്പന്നനായി ശിഷ്യനും തൻ്റെ അനുഭൂതിയെ പ്രകാശിപ്പിക്കുന്നു വാസ്തവത്തിൽ ആത്മാനുഭൂതിക്ക് ആരുടെയും അംഗീകാരം ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല ആരും അതിന് അംഗീകാരം കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇവിടെ ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ച് പറയുകയാണ് ഗുരുശിഷ്യന് വാക്കുകളിലൂടെ സ്വാനുഭൂതിയെ പകർന്നുകൊടുക്കുകയാണ് അത് ശിഷ്യൻ സ്വീകരിക്കുന്നു അതാണ് ഗുരുശിഷ്യ ബന്ധം അവിടെ തൻ്റെ ശിഷ്യൻ്റെ നില ഗുരുവിനും ബോധ്യപ്പെടണം അതിനുവേണ്ടി മാത്രമാണ് ഈ കാര്യം പറയുന്നത് സമ്പ്രദായ രക്ഷ എന്ന് പറയും ആ സമ്പ്രദായ രക്ഷയ്ക്ക് വേണ്ടി മറിച്ച് ഒരാളുടെ അനുഭവത്തിന് മറ്റൊരാളുടെ സാക്ഷിപത്രം അത് ആവശ്യമില്ല ആരുടെയും ഗുരുവിന് ശിഷ്യൻ്റെയോ അല്ലെങ്കിൽ ശിഷ്യന് ഗുരുവിൻ്റെയോ ആവശ്യമില്ല പക്ഷേ ആത്മവിദ്യാസമ്പ്രദായത്തിൻ്റെ അതിൻ്റെ ഭാഗമാണ് അത് നിലനിൽക്കണമല്ലോ ഇത് ശിഷ്യനിൽ നിന്നും ഇത് പകർന്നു പോകണം അതിനുവേണ്ടി ഗുരു വെളിപ്പെടുത്തിയ ആ സത്യത്തെ ശിഷ്യൻ ബോധ്യപ്പെട്ട് എന്ന് ഗുരുവും ബോധ്യപ്പെടുന്നു അത് ഉറപ്പുവരുത്തണം ഈ വിദ്യ ഈ സമ്പ്രദായം ഇനിയും തുടർന്നു പോകും ഇനി പരമ്പരയിലൂടെ പോകത്തുള്ളു ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ അത് പോകത്തുള്ളു അതിനുവേണ്ടി ആണ് ആ ശിഷ്യന്റെ പൂർണ്ണത ഗുരുവും ബോധ്യപ്പെടുന്നു ഇതുപദേശിക്കുന്നതിന് ഇയാൾ പ്രാപ്തനാണ് എന്ന് ബോധ്യപ്പെടും അത്തരത്തിലുള്ള ഒരു സമ്മതി അതാണ് പറയുന്നത് അല്ലാതെ ആത്മാനുഭവത്തിന്റെ ഒരംഗീകാരം എന്നുള്ള നിലയ്ക്കുന്നത് മറ്റ് വിഷയങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ അറിഞ്ഞ് ബോധ്യപ്പെടുന്നു അതുപോലല്ല അപ്പോൾ ഇവിടെ ഗുരുവിന്റെ ഉപദേശവും ശിഷ്യന്റെ ഗ്രഹണവും പൂർണമായി അത് പറഞ്ഞല്ലോ ഗുരു ഉപദേശിച്ചു ശിഷ്യൻ ഗ്രഹിച്ചു അങ്ങനെ സംഭവിച്ചതല്ല പറഞ്ഞു ശിഷ്യൻ ഗുരു ഉപദേശിച്ചതിനെ തന്നെ ഏകാന്തത്തിലിരുന്നു ഏകാഗ്രമായി ചിന്തിച്ച് സ്വാനുഭവത്തിലാക്കി അനുഭവപ്പെടുത്തി അതാണിവിടെ ഗുരുശിഷ്യ സംവാദത്തിലുള്ള ബോധ്യപ്പെടുത്തുന്നു ഒന്നും വൈവിധ്യ ഗുരുവിൽ നിന്ന് തന്നെ പകർന്നു കിട്ടണം അത് കൂടിയേ തീരൂ അതൊന്നും രണ്ടാമത് ശിഷ്യൻ അതിനുവേണ്ടി പ്രയത്നിക്കണം ഉപദേശം കൊണ്ട് മാത്രമായില്ല പൗരുഷത്തിനവിടെ സ്ഥാനമുണ്ട് പൂരുഷമെന്ന് പറഞ്ഞാൽ സ്വപ്രയത്നം ശിഷ്യന്റെ പ്രയത്നം അത് രണ്ടും ഒന്നിച്ചു ചേരണം എന്നാലേ വിദ്യ ഫലം ചെയ്യത്തുള്ളൂ അങ്ങനെ ഇവിടെ വിദ്യ ഫലം ചെയ്തു എന്നാണ് ഇത്രയുള്ള ഭാഗങ്ങളെ കൊണ്ട് ശ്രുതി പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഗുരു ശിഷ്യ സംവാദത്തെ കൊണ്ടുവന്നത് ഇനി ഇതുവരെ പറഞ്ഞ താൽപര്യത്തെ ശ്രുതി സ്വന്തം നിനക്ക് പറഞ്ഞു അഹം Nuna Vede Di Vedachā Yonas Tadvīla Tadvīla Nuna Vede Di Vedachā Yashya Matam Tashya Matam േദസ്യസംവാദൃത്യ സ്വേ രുപേണു സമസ്തസംവാദ നിർത്താം അർമേവോധയ ശിഷ്യാചാര്യ സംവാദാത് പ്രതിനിവൃത്തി അതായത് ഇവിടെ ഒരു ശിഷ്യൻ ഒരു ഗുരു രണ്ടുപേരും ഒരു സ്ഥലത്തിരുന്ന് പരസ്പരം ചർച്ച ചെയ്തു ഗുരു ശിഷ്യനെ ബോധിപ്പിച്ചു ശിഷ്യൻ ഗ്രഹിച്ചു ഇത് ഏത് കാലത്തിലാണ് ഇത് സംഭവിച്ചത് ആരായിരുന്നു ഗുരു ആരായിരുന്നു ശിഷ്യൻ ഇത്തരം അന്വേഷണങ്ങൾക്കൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയില്ല ഇതെല്ലാം ഈ വിദ്യയെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രുതിയുടെ കൽപ്പനയാണ് എന്നാണ് ആചാര്യസ്വാമികളുടെ അഭിപ്രായം ഇവിടെ മാത്രമല്ല എവിടെയെല്ലാം ഇങ്ങനെ ഗുരു ശിഷ്യ സംവാദങ്ങളുണ്ടോ ഇവിടെയെല്ലാം ഒരു കൃഷി മറ്റൊരാൾക്ക് ഉപദേശിച്ചു എന്ന് പറയുന്നു അതിനൊന്നും കാലദേശങ്ങളുമായി ബന്ധമില്ല ഇത് ചരിത്രമല്ല എന്നുള്ള പക്ഷക്കാരനാണ് ഭാഷകാരൻ അതുകൊണ്ട് തന്നെ വേറെ സന്ദർഭത്തിൽ പറയും ഇതൊക്കെ അർത്ഥവാദങ്ങളാണ് ഇതിൻ്റെ തന്നെ ഉദ്ദേശം താല്പര്യ ഇതേയുള്ളു എന്താണോ ഈ വിദ്യയെ മഹത്വപ്പെടുത്തുക ഈ വിദ്യ മുഹത്വപ്പെടുത്താൻ വേണ്ടി ശ്രുതി തന്നെ ഇത്തരത്തിലുള്ള കഥകൾ മെനഞ്ഞെടുത്തിരിക്കുന്ന ഇത്ര നൂറ്റാണ്ടിൽ ഇന്നൊരാള് എന്നയാൾക്ക് ഉപദേശിച്ചു എന്നുള്ള രീതിയിൽ ധരിക്കേണ്ട കാര്യമില്ല എന്നാണ് ശിഷ്യാചാര്യ സംവാദ രൂപത്തിലുള്ള ഈ ആഖ്യാന ശൈലി അത് ശ്രുതിയുടെ ഭാഗമാണ് അല്ലാതെ ചരിത്രത്തിന്റെ ഭാഗമല്ല ശ്രുതി തത്വത്തെ ഈ രീതിയിൽ വെളിപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ ആ അതിനൊരു പ്രയോജനം ഉണ്ടെന്താണോ ഈ ആഗമം ആഗമ പാരമ്പര്യം അതിനെ ഉറപ്പിക്കാൻ ഇവിടെ ഇപ്പോൾ ശിഷ്യാചാര്യ സംവാദത്തിൽ നിന്ന് പ്രതിനിവൃത്തിയാണ് ആ ശൈലിയിൽ നിന്നും മാറിയിട്ട് സ്വയനരൂപേണ ശ്രുതി നിരാലംബമായി അങ്ങനെ ഒരാഖ്യാനങ്ങളെയൊന്നും ആശ്രയിക്കാതെ നേരിട്ട് സമസ്ത സംവാദ നിർവൃത്തം അർത്ഥമേവ ബോധേരി ഇവിടെ ശ്രുതിക്ക് ഗുരുവിന്റെ ആചാര്യന്റെ ഒന്നും ആവിശ്യം ഇതിലൂടെയൊക്കെ എന്താണ് ശ്രദ്ധിച്ചത് അതാണ് സമസ്ത സംവാദ നിർവൃത്തം സമസ്ത സംവാദം സംവാദം എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള ചർച്ച എന്നാണ് ഇവിടെ ഗുരുവിനുള്ളതുപോലെ തന്നെ പങ്ക ശിഷ്യനുമാണ് ആ രീതിയിലാണ് ഗുരു ഉപദേശിക്കുന്നു ശിഷ്യൻ കേൾക്കുന്നു അങ്ങനെയല്ല അത്രയും മാത്രമല്ല ഗുരുവിന്റെ ഭാഗം കൊണ്ട് മാത്രം അത് പൂർണ്ണമാകത്തില്ല ശിഷ്യന്റെ ഭാഗം കൊണ്ട് കൂടി വേണം പൂർണ്ണമാകാൻ അവിദ്യയുടെ പൂർണ്ണതയ്ക്ക് ഗുരുവിന്റെ ഉപദേശം പോലെ മുഖ്യമാണ് ശിഷ്യന്റെ ജിജ്ഞാസ രണ്ടും കൂടി ചേർന്നാലേ ആ ഉപദേശം വിദ്യാഗ്രഹണവും പൂർണ്ണമാകത്തുള്ളൂ അതുകൊണ്ടാണ് അതിന് സംവാദം എന്ന് പറയുന്നത് ഏകപക്ഷീയമായൊരു കാര്യമില്ല ഗുരുവിൽ ജ്ഞാനമുണ്ട് ശിഷ്യനിൽ ജിജ്ഞാസയില്ലെങ്കിൽ ഉപദേശം വ്യത്ഥമാവും ഉപദേശം കൊണ്ടൊന്നും സംഭവിക്കില്ല പിന്നിവിടെ ആഗമ പാരമ്പര്യമില്ല അതുകൊണ്ടാണ് ഇതിന് സംവാദം എന്ന് പറയും ആത്മവിദ്യ ഉപദേശത്തിൽ ഗുരുവിന് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യം തന്നെ ശിഷ്യന് ആത്മവിദ്യ ഗ്രഹണത്തിനുമുണ്ട് അതുകൊണ്ടാണ് ഇതിന് സംവാദം എന്ന് പറയുന്നത് ഒന്ന് വലുതും മറ്റൊന്നും ചെറുതുമല്ല ആ രണ്ടിൻ്റെയും ആ പാരസ്പര്യത്തിന് അപൂർണത സംഭവിക്കത്തുള്ളൂ ആ തരത്തിൽ അതിൽ നിന്നും ലഭ്യമായ നിർവൃത്തമായ അർത്ഥമേവാ ബോധയി അതിന്റെ താല്പര്യത്തെ ഏതീശ്രുതി കഥാഭാഗങ്ങളെല്ലാം വിട്ടു സമ്പ്രദായം വഴി അത് വിട്ട് സ്വയം വെളിപ്പെടുത്തുന്നു എസ് അഹമ്മതാണ് അങ്ങനെ വെളിപ്പെടുത്തുന്നത് ഈ ശ്രുതി ആരാണ് ചോദിക്കും നേരത്തെ ഗുരു ശിഷ്യ സംവാദ രൂപത്തിൽ ഇതിനെ വെളിപ്പെടുത്തി ഇനി സ്വന്തം നിലയ്ക്ക് വെളിപ്പെടുത്തുന്നു ശ്രുതി എന്ന് പറയുന്നത് ആരാ ശ്രുതി മാതാ എന്നാണ് ഭാഷകാരം പറയുന്നത് മാതൃഭാദ് ശ്രുതി സ്വയം ജ്ഞാനസ്വരൂപമാണ് ജ്ഞാനം പ്രകാശിക്കുന്നത് നിരാലംബമായിട്ടാണ് ജ്ഞാനം സ്വയം പ്രകാശമാണ് ഒന്നിനെ ആശ്രയിക്കുന്നില്ല ജ്ഞാനം ഗുരുവിനെയോ ശിഷ്യനെയോ ഒന്നും ആശ്രയിക്കുന്നില്ല അത് സ്വയം പ്രകാശമാണ് അത് സ്വയം വെളിപ്പെടുത്തുന്നതും സ്വയം വെളിപ്പെടുന്നതുമാണ് അത് സ്വയം വെളിപ്പെടുത്തുന്നതാണ് ഇവിടെ പറയുന്ന ഭാഗം യസ് ബ്രഹ്മവിദോ അമതം അവിജ്ഞാതം അവിജിതം ബ്രഹ്മേരി മതം അഭിപ്രായ നിസ് മതം ജ്ഞാതം സമീപ്രായ് പറഞ്ഞതിന്റെ താല്പര്യം തന്നെയാണ് ഒരു ശിഷ്യ സംവാദം എന്നുള്ള വിട്ടിട്ട് പറയുന്ന ചർച്ച ചെയ്താണ് യേശ്യാമം അവിജ്ഞാതം അവിദിതം ബ്രഹ്മേരി മതം ബ്രഹ്മം അവിദിതമാണ് എന്നുവെച്ചാൽ അത് വിഷയമായി അറിയുന്നതല്ല ആണതിന്റെ ചുരുക്കം ോധം സർവത്തെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അറിവ് സർവത്തെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സർവവും അറിവിന് വിഷയമായിരിക്കുന്നു പക്ഷെ അറിവാണെങ്കിലോ അതിനെ മറ്റൊന്നും ഗ്രഹിക്കുന്നില്ല അറിവിനെ മറ്റൊന്നും ഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ള അറിവിനെ അറിഞ്ഞു എന്ന് പറയാനിവിടെ ആരുമില്ല ജ്ഞാനിയില്ല ജ്ഞാനിയില്ല ഞാൻ അറിവിനെ അറിഞ്ഞവനാണ് എന്ന് അവകാശപ്പെടാൻ ആരും ഇല്ല അതുകൊണ്ട് അങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനിയില്ല എന്നുവെച്ചാൽ നമ്മളുടെ സങ്കല്പത്തിലുള്ളൊരു ബ്രഹ്മജ്ഞാനിയില്ല നമ്മളുടെ സങ്കല്പത്തിലുള്ള ബ്രഹ്മജ്ഞാനി എങ്ങനെയാണ് നമ്മൾ ഓരോരോ കാര്യങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോരോ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ട് അതുപോലെ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവൻ നമ്മളീ പ്രപഞ്ചത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതുപോലെ ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ അങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനിയില്ല എന്തുകൊണ്ട് ബ്രഹ്മജ്ഞാനി അത് സ്വയം അറിവ് തന്നെയാണ് അറിയേണ്ട ആവശ്യമില്ല സ്വയം പ്രകാശിക്കുന്നതാണ് അതുകൊണ്ട് ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ച് ബ്രഹ്മം വിജ്ഞാതമല്ല വിഷയത്തിന് ജ്ഞാതം അല്ല സ്വസ്വരൂപം തന്നെയാണ് ആരെങ്കിലും പറയുകയാണ് ഞാൻ ബ്രഹ്മജ്ഞാനിയാണ് ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ച് നമ്മളങ്ങനെ സങ്കല്പിക്കുകയോ ഇയാൾ ബ്രഹ്മത്തെ അറിയുന്നവനാണ് എന്ന് പറഞ്ഞാൽ ആ അറിയുന്നവനും അങ്ങനെ സങ്കല്പിച്ചവനും രണ്ടുപേരും സത്യത്തെ അറിയുന്നില്ല അതുകൊണ്ട് എന്താണ് ഇതിനെ അഭിഷേകത്വന് ആണ് ഇതിന്റെ അറിവ് എന്ന് വെച്ചാൽ ഇതിനെ അറിയുക എന്നുള്ളതല്ല സ്വയം പ്രകാശിക്കുക എന്നുള്ളതാണ് ആ സ്വയം പ്രകാശം സർവത്ര സദ ജ്ഞാനിയിലും അജ്ഞാനിയിലും ഏകരൂപത്തിലാണെങ്കിലും ഇവിടെ ആ ബ്രഹ്മജ്ഞനൻ മറ മാറി പ്രകാശിക്കുന്നു അതേയുള്ളു വ്യത്യാസം അജ്ഞനൻ മറയോടുകൂടി പ്രകാശിക്കുന്നു അതുകൊണ്ട് അവിദ്യുതം ബ്രഹ്മേതി മതം അഭിപ്രായ നിശ്ചയത മതം അവൻ അറിയുന്നു എന്താണോ ബ്രഹ്മത്തെ അങ്ങനെ ഒരു വിഷയമായി അറിയാൻ പറ്റിയതല്ല അറിവിനെ അറിവിന് വിഷയമാക്കാൻ സാധ്യമല്ല അറിവിലുള്ള മറം ആറുകേ സംഭവിക്കുന്നുള്ളൂ തസ്യ മതം ജ്ഞാതം അഭിപ്രായ യസ് പുനർമതം ജ്ഞാതം വിദിതം ബ്രഹ്മേതി നിശ്ചയോ നേദൈവ സഹവിജാനാതി സ യസ്തം പുനർമതം ജ്ഞാതം ചിലട് പറയുന്നുണ്ടല്ലോ ഞാനറിഞ്ഞിട്ടില്ല പക്ഷേ എന്റെ ഗുരു സമാധിയിലറിഞ്ഞു അതാണ് ഞാനും എൻ്റെ ഗുരുവും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ എൻ്റെ ഗുരുവും മറ്റു ഗുരുക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം അതാണ് എന്റെ ഗുരു അതിനെ സമാധിയിലറിഞ്ഞു യസ്യപുണർ മതം ജ്ഞാതം വിദിതം മയാ ബ്രഹ്മേ നിശ്ചയം ഞാനിത് ആ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയും ഈ പ്രപഞ്ചത്തെ അറിയുന്നതുപോലെ ബ്രഹ്മം എന്ന് പറയുന്നതിനൊരു വസ്തുവായി കൽപ്പിച്ച് അങ്ങനെ അറിയാൻ പറ്റും ബ്രഹ്മത്തെ ഒരു വസ്തുവായി കൽപ്പിച്ചിട്ട് ധ്യാനിച്ചാൽ ബ്രഹ്മത്തെ അറിയാൻ കഴിയും അതിന് സമാധി എന്നും പറയാം എന്ത് നമ്മൾ എന്തിനെ നമ്മൾ ഭാവന ചെയ്യുന്നു അതിനെ സാക്ഷാത്കരിക്കാൻ പറ്റും കാരണം സഹജമായി തന്നെ മനസ്സ് ഈ പ്രപഞ്ചത്തെ സാക്ഷാത്കരിച്ചുകൊണ്ടില്ല അങ്ങനെയാണെങ്കിൽ ദൃഢമായി ഭാവന ചെയ്തു കഴിഞ്ഞാൽ എന്തിനേയും സാക്ഷാത്കരിക്കണം ബ്രഹ്മത്തെയും ആ ഭാവനയും സാക്ഷാത്കരിക്കാം അത് ഭ്രാന്തിയായിരിക്കുമെന്ന് കഴിഞ്ഞു ഭാവന എന്ന് പറയുന്നത് കേവലം മനസ്സിൻ്റെ കൽപ്പനയാണ് അവിടെ എന്തും തെളിഞ്ഞു വരാം പലതരത്തിലുള്ള അനുഭവങ്ങൾ തെളിഞ്ഞു വരാം ആ അനുഭവങ്ങളിൽ ശ്രേഷ്ഠമായ ഒരു അനുഭവത്തെ ബ്രഹ്മജ്ഞാനം എന്ന് പറയാം അനത്തിൻ്റെ സമാധി എന്ന് പറയാം എന്നിട്ട് പറയും മതം ജ്ഞാതം വിദുതം മയ ബ്രഹ്മാന ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് അഭ്യാസങ്ങളൊക്കെ ചെയ്ത് സമാധി ബ്രഹ്മത്തെ അറിയുന്നവരുണ്ട് സമാധി അലൗകികമായ അനുഭവമാണ് അതിനൊന്നും തർക്കമില്ല പക്ഷേ അവിടെയെല്ലാം എന്താണ് വിദിതമായ ബ്രഹ്മ എന്നുള്ള അനുഭവം വന്നു കഴിഞ്ഞാൽ നിശ്ചയം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ശ്രുതി വെളിപ്പെടുത്തുന്നത് എന്ന വേദിവസ എന്ന ബ്രഹ്മ വിജയാനാദിസ അവൻ ബ്രഹ്മത്തെ അറിയുന്നില്ല അത് അവന്റെ കൽപ്പനയാണ് മനസ്സിൻ്റെ സൃഷ്ടിയാണ് നിർവിഷയമായിരിക്കുന്ന അതിനെ എങ്ങനെ വിഷയമാക്കാൻ പറ്റും സ്വയം പ്രകാശിക്കുന്ന അതിനെങ്ങനെ പ്രകാശിപ്പിക്കാൻ പറ്റും പ്രകാശത്തെ ആര് പ്രകാശിപ്പിക്കും അതെല്ലാം സംഭവിക്കാം മനസ്സിൻ്റെ കൽപ്പന എന്നുള്ള രീതിയിൽ അതല്ല എന്നർത്ഥം ഇതിനെ സംബന്ധിച്ച് ഒന്നേ പറയാനുള്ളു എന്താണോ മറ മാറി പ്രകാശിക്കുക ഇത്തരത്തിലുള്ള ബ്രഹ്മാത്മകമായ കൽപ്പനകൾ മാറിയാൽ ശേഷിക്കുന്നത് അതാണ് ബ്രഹ്മാനുഭൂതി ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള ഭ്രാന്തമായ ആരോപങ്ങൾ കൽപ്പനകൾ മാറിയാൽ എങ്ങനെ മാറുന്നോ വെളിച്ചം കൊണ്ട് ശ്രുതി ബോധിപ്പിക്കുന്ന ശരിയായ വെളിച്ചം കൊണ്ട് അതാണിപ്പോൾ ശ്രുതി ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളിതിനെ വിഷയത്തിനെ അറിയരുത് ഒരു വിഷയമായി അറിയരുത് അങ്ങനെ അറിയാൻ പറ്റിയതല്ല അതിനൊരു വിഷയമാക്കി ധ്യാനിക്കരുത് അങ്ങനെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കരുത് നിങ്ങൾ സാക്ഷാത്കരിക്കുന്നത് സത്യമായിരിക്കത്തില്ല അസത്യമായും സാക്ഷാത്കാരം ഉണ്ടാകാം അതല്ല പിന്നെന്താ ധ്യാനത്തിന്റെ ഫലം ധ്യാനിക്കേണ്ടെന്നാണോ അല്ല ഇവിടെ ശിഷ്യൻ ചെയ്ത പോലെ എന്താണ് ഏകാന്തത്തിൽ ഇരുന്ന് ധ്യാനിച്ചപ്പോൾ ഇത്തരം ബ്രഹ്മങ്ങളായ മാറുകയായി ചെയ്തു അത് മാറണം അത് മാത്രമേ ഇവിടെ തടസ്സമായിട്ടുള്ളൂ ഇവിടെ ഒന്നിനെയും കണ്ടെത്തേണ്ട കാര്യമില്ല എല്ലാത്തിന്റെയും പ്രയോജനം എന്താണോ ഈ ആരോപങ്ങളെ ഈ ഭ്രാന്തിയെ മാറ്റുക അതിനെപ്പറയും അജ്ഞാനത്തെ നശിപ്പിക്കുക എന്ന് പറയും വേറെ തരത്തിൽ അധ്യാസത്തെ നശിപ്പിക്കുക എന്ന് പറയും ഇതൊക്കെയുള്ളു ഇവിടെ പുതുതായി സൃഷ്ടിക്കാനൊന്നുമില്ല ഒരു സമാധീനം സൃഷ്ടിക്കാനില്ല സമാധിന്ന് എന്താ പറയുന്നത് സമാധി എന്ന് പറയുന്നത് ഈ ഭ്രാന്തി മാറുന്ന അവസ്ഥ ഈ അജ്ഞാനം മാറുന്ന അവസ്ഥ അധ്യാസം മാറുന്ന അവസ്ഥ അതിനാണ് സമാധി എന്ന് പറയുന്നത് അതാണ് സ്വസ്വരൂപസ്ഥിതി സ്വരിയാധിഗമം എന്ന് പറയുന്നത് അവിടെ ഞാൻ അതിനെ അറിഞ്ഞു എന്നുള്ള ഒരു അവകാശവാദമില്ല വേദിവസാനാദി സാമൻ ബ്രഹ്മത്തെ അറിയുന്നില്ല അത്രയുള്ളു അത് പലതോണം നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതാ സൂര്യൻ എത്ര പ്രകാശിച്ചു നിന്നാലും അതിനെ തുച്ഛമായ മേഘം ഒന്നും മറക്കും ആ സൂര്യൻ്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് മേഘം മാറുക അതല്ലാതൊന്ന് അല്ലാതെ എങ്ങനെയാണ് സൂര്യനെ സാക്ഷാത്കരിക്കുന്നു മറ്റെന്ത് യത്നമാണ് അവിടെ ആവശ്യമുള്ളത് അല്ല ഇനിയുള്ള എല്ലാ യത്നങ്ങളുടെയും ഫലം എന്താണോ ആ മേഘത്തെ മാറ്റുക എന്നുള്ളതാണ് അല്ലാതെ ഒരാൾ അവകാശപ്പെടുകയാണ് ഞാൻ സൂര്യനെ സാക്ഷാത്കരിച്ചു എന്ന് പറയുന്നതിന് കാര്യമൊന്നും ഞാൻ ഇന്ന സമാധിയും സാക്ഷാത്രി അർത്ഥം ആ മഴക്കാർ മാറുന്നതന്നെയാണ് സമാധി അതിന് സമാധി എന്ന് വിളിക്കുന്നത് മറ്റുള്ള സമാധികളെല്ലാം ഭ്രാന്തിയാണ് ബ്രഹ്മവിജാനാദിശ വിഷോർ യഥോക്തോ പക്ഷോ അവധാരീതി വിടെ രണ്ടുപേരെ ശ്രുതി എടുത്ത് കാണിക്കുകയാണ് ഒന്ന് വിദ്വാന്റെ ഭാഗം മറ്റൊന്ന് അവിദ്വാന്റെ ഭാഗം വിദ്വാൻ ഭ്രമമൊഴിഞ്ഞ് സ്വരൂപസ്ഥിതനായിരിക്കും അവിദ്വാൻ മറ്റു പലതിനെയും പല അവസ്ഥകളെയും ബ്രഹ്മാനുഭവമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടുപക്ഷം അപ്പൊ അവിടെ ശബ്ദപ്രയോഗത്തിലല്ല തത്വജ്ഞാനിക്ക് പറയാം ഞാൻ ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറയാം അറിയുന്നില്ലെന്ന് പറയാം ഇവിടെ ശബ്ദത്തിൽ പിടിച്ചു വാദമാണ് തത്വത്തിനെ വിശദീകരിക്കുകയാണ് എങ്ങനെ പറയുന്നു എങ്ങനെ വെളിപ്പെടുന്നു എങ്ങനെ നിഷേധിക്കുന്നു എന്നുള്ളതല്ല പരമാർത്ഥ തത്വം വിഷയത്തിന് അറിയുന്ന ഒന്നല്ല നമ്മുടെ ശബ്ദപ്രയോഗത്തിന് അങ്ങനെ ഒരു ധ്വനി വരുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് ശരിയല്ല മറിച്ച് ആണെങ്കിൽ നമുക്കെന്തും പറയാം ബ്രഹ്മത്തെ അറിയുന്നു അറിയുന്നില്ലെന്നോ സമാധിയിൽ അറിഞ്ഞെന്നോ എങ്ങനെ വേണോ പറയാം തെറ്റില്ല സവികൽപ സമാധിന്നോ നിർവികല്പ സമാധി എന്നോ സമ്പ്രജ്ഞാതമെന്നോ അസംപ്രജ്ഞാതമെന്നോ സബീജമെന്നോ നിർബീജമെന്നോ ഇനി നമുക്കറിയാൻ വയ്യാത്ത പേരുകളും എല്ലാം പറയാം അതിനൊന്നൊരു ദോഷമില്ല അവിടെ താൽപ്പര്യത്തിൽ വരുന്ന വ്യത്യാസമാണ് വിദ്വാൻ അവിദ്വാൻ എന്നുള്ള നിലയ്ക്ക് വരുന്ന ഭേദമാണ് തത്വത്തെ ഗ്രഹിച്ചവനും തത്വത്തെ ഗ്രഹിക്കാത്തവനും തമ്മിലുള്ള ഭേദമാണ് വിജ്ഞാതം വിദിതം ബ്രഹ്മ അവിജാനതാം അസമ്യക് ദർശനം ഇന്ദ്രിയോ മനോ ബുദ്ധിഷ്ഠൈവോ ആത്മദർശന അവിജാനതാം വിദിതം ബ്രഹ്മ അറിയാത്തവൻ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാത്തവെന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ദ്രിയങ്ങളിൽ അല്ലെങ്കിൽ മനസ്സിൽ പറയും മനസ്സിൽ ബ്രഹ്മത്തെ ദർശിക്കുന്നു മനസ്സിൽ ബ്രഹ്മത്തെ ദർശിക്കുന്നു അല്ലെങ്കിൽ ബുദ്ധിയിൽ ബ്രഹ്മത്തെ ദർശിക്കുക മനസ്സിൽ ബ്രഹ്മത്തെ ദർശിക്കുക മനസ്സിൽ ബ്രഹ്മത്തെ ദർശിക്കുക എന്ന് സമാധിയിൽ ബ്രഹ്മത്തെ ദർശിക്കുന്നത് ബ്രഹ്മത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഭാവനകൾ മനസ്സിന് സർക്കൂട്ടും അതനുസരിച്ച് ധ്യാനിക്കും ധ്യാനിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ വിസ്മൃതി ഉണ്ടാവും മനസ്സ് ഏകാഗ്രമാവും ഉള്ളിൽ എന്തെങ്കിലും ഭാനം ഉണ്ടാകും മനസ്സിന്റെ ഭാനം പ്രപഞ്ചത്തെ വിസ്മരിക്കുകയും ഉള്ളിൽ എന്തെങ്കിലും ഭാനം അയാളുടെ ഭാവനയ്ക്കനുസരിച്ച് അത് ആനന്ദരൂപത്തിലോ മറ്റോ ആയിരിക്കും അനുഭവം അത് ബ്രഹ്മാനുഭവമാണെന്ന് പറയാൻ വയ്യ ബുദ്ധിയുണ്ട് ബ്രഹ്മത്തെ അറിയുന്നു അവനും ഭാവന ചെയ്യുന്നു ബുദ്ധിയുണ്ട് ബ്രഹ്മത്തെ ഭാവന വസ്തുവിനെ ഭാവന ചെയ്യുന്നു ആ ഭാവനയ്ക്കനുസരിച്ച് അവൻ ഭാവനാലോകത്തിലെത്തിച്ചേരുന്നു അങ്ങനെ വരാം നമ്മൾ എന്തിനെങ്കിലും ദൃഢമായി ഭാവന ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകം വിട്ടു ഈ ബാഹ്യ ലോകം വിട്ടിട്ട് നമ്മൾ ഭാവനാലോകത്തിലെത്തിച്ചേരും അതുപോലെ ബ്രഹ്മഭാവനാലോകത്തിലെത്തിച്ചേരാം ബുദ്ധി പറയുന്നു ഞാൻ ആത്മദർശിയാണ് തൻ്റെ ഭാവനയിൽ ദർശിച്ചതിന് ആത്മദർശനമായി കരുതുന്നു അവിടെയൊന്നും ഈ ഭ്രഹത്തിലൊന്നും അവൻ മുക്തനാകുന്നില്ല അവൻ മനസ്സിൻ്റെ ഭാവനയുടെ ലോകങ്ങളിലാണ് പ്രാകൃതന്മാരായ ആൾക്കാർ ഇന്ദ്രിയങ്ങളെ തന്നെ ഇന്ദ്രിയങ്ങൾ ആ ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള സുഖം അതിനെയൊക്കെ തന്നെ പരമാനന്ദമായി ബ്രഹ്മാനന്ദമായി കാണുന്നു ഇവിടെ നിന്നും അല്ല ഈ പരിശ്രമങ്ങളെല്ലാം തന്നെ എന്തിനെങ്കിലും സൃഷ്ടിക്കാൻ വേണ്ടി അല്ല ഈ പരിശ്രമങ്ങളെല്ലാം തന്നെ ഇത്തരം ഭ്രമങ്ങളിൽ നിന്ന് മുക്തനാകാൻ വേണ്ടിയാണ് അതുകൊണ്ട് ബ്രഹ്മ അവിജാനത ആ സമ്യക് ദർശന ആത്മദർശിന വിജ്ഞാനം അവനെ പറയത്തുള്ളൂ ഞാനിത് ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്നു ഇവിടെ ആ ബ്രഹ്മജ്ഞാനത്തിന്റെ മാർഗത്തെ വളരെ വ്യക്തമാക്കുകയാണ് ഒരു ജീവന്റെ അനുഭവതലം എന്ന് പറയുന്നത് പൂർണ്ണമായും ഭ്രഹ്മാത്മകമാണ് അനുഭവതലം അതിൽ സത്യത്തിന്റെ കണിക പോലുമില്ല അത് പൂർണ്ണമായും അജ്ഞാനകാര്യമാണ് അതിന് നമ്മൾ എന്തെങ്കിലും സത്യത്തെ കാണുന്നുണ്ടെങ്കിൽ അത് ആരോപിതം അസത്യം ആരോപിതമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിന് നമ്മൾ വ്യാവഹാരികം എന്ന് പറയുന്നത് ഈ വ്യാവഹാരികമായ അനുഭവത്തിലോ സത്യത്തെയും അസത്യത്തെയും നമ്മൾ തിരിച്ചറിയുന്ന അനുഭവത്തിലാണ് ഇത് കേവലം ഭാനമാണ് കൽപ്പന മാത്രമാണ് ഈ കൽപ്പന ലോകത്തിലിരുന്നു കൊണ്ട് നമ്മൾ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നത് അത് ആണ് നമ്മൾ വിജ്ഞാതം ബ്രഹ്മത്തെ അറിഞ്ഞു എന്ന് പറയുന്നത് അവൻ അസമ്യക് ദർശിയാണ് സംയുക്തമായി യഥാർത്ഥത്തിൽ ഇതിനറിയുന്നില്ല ഈ ഭ്രാന്തിൽ മോചനം അതാണ് ആത്മദർശനം അതായത് നമ്മൾ തന്നെ ആലോചിക്കുക നമ്മൾ ഈ ജാഗ്രത ആണ് എല്ലാ അഭ്യാസങ്ങളും കാണുന്നത് കാണിക്കുന്നത് ഈ ജാഗ്രതയിലാണ് ശ്രവണ മനന നിത്യാസനങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ജാഗ്രത മനസ്സും കരണങ്ങളുമാണ് ഇതിനെല്ലാം സഹായിക്കുന്നത് ഈ ജാഗ്രത് വ്യവഹാരത്തിൽ ജാഗ്രതയിലെ മാനസികമായ ബൗദ്ധികമായ വ്യവഹാരത്തിന് സഹായിക്കുന്ന ഇത് സർവ്വതുമെന്താണോ ഈ ജാഗ്രത് ഭാരമാണ് നമ്മൾ പാണ്ഡവക്യത്തിൽ തീർച്ചയായും ഭാരമാണ് ഇതിനെ ആശ്രയിച്ച് നമ്മൾ ചെയ്യുന്ന അഭ്യാസങ്ങളും ഇതിനെ ആശ്രയിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നേട്ടങ്ങളുമെല്ലാം ഈ ഭാനത്തിൽ അന്തർഭവിച്ചു പോകും സ്വപ്നത്തിൽ ചെയ്യുന്ന അഭ്യാസങ്ങളെപ്പോലെയാണ് സ്വപ്നത്തിൽ നിങ്ങൾ ബ്രഹ്മജ്ഞാനിയായാലും ജാഗ്രതയിൽ ഉണരുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ആ സ്വപ്ന അത് സംഭവിക്കുക അങ്ങനെ ഒരാൾ സ്വപ്നം കാണാൻ ഞാൻ ബ്രഹ്മജ്ഞാനിയാണ് മറ്റു പലതും പോലെ അവസ്ഥയിൽ സംഭവിക്കുന്നത് കൊണ്ട് ഉണർന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല അജ്ഞൻ തന്നെ അതുപോലെ ഈ അവസ്ഥയിൽ നിങ്ങൾ നേടിയെടുക്കുന്ന ജാഗ്രത ഭാനത്തിൽ നേടിയെടുക്കുന്നത് ഒന്നും സത്യമാകട്ടില്ല അതാണ് അദ്വൈതം പറയുന്നത് അതിവിടെയാണ് നിങ്ങൾ നേടിയെടുക്കുന്നത് യോഗം അഭ്യസിക്കുന്നത് പലതരത്തിലുള്ള സമാധികളും അഭ്യസിക്കുന്നു ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നു ഈ ജാഗ്രത് ബോധത്തിലാണോ അങ്ങനെയാണെങ്കിൽ ഇതിനാധാരമായിരിക്കുന്ന ഈ ജാഗ്രത് ബോധം തന്നെ ബാധിച്ചു പോകുന്നതാണ് സ്വപ്നത്തിലുണ്ടായിരുന്നില്ല സൃഷ്ടിയിലുണ്ടായിരുന്നില്ല അപ്പം ഈ ജാഗ്രത് ബോധത്തിൽ നിങ്ങൾ നേടിയെടുക്കുന്ന എല്ലാ അവസ്ഥകളും അനുഭവങ്ങളും ഈ ഭാനത്തിന്റെ ഭാഗമാണോ ഇതൊന്നും സത്യമല്ല ഇത് ബാധിച്ചു പോകുന്നതാണോ ഇതിനെ നിഷേധിച്ചു കൊണ്ടാണ് പരമാർത്ഥ സ്ഥിതി ചെയ്യുന്നത് അപ്പോ പരമാർത്ഥ അനുഭവം എന്ന് പറയുന്നതോ അത് ഇതിനെയും നിഷേധിക്കുന്നതാണ് ജാഗ്രത ഭാനത്തെയും നിഷേധിക്കുന്ന അതാണ് ആത്മദർശനം ആത്മപ്രകാശം അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള എന്താണോ ഇത് നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യമല്ല ഇത് വെളിപ്പെടുന്നതാണോ പിന്നെ അവിടെ തടസ്സമായിരിക്കുന്ന എന്ത് ഈ ജാഗ്രത് ഭാനം തന്നെ അത് ഇതിനുപായമാകത്തില്ല ഇതിൻ്റെ ബാധ ഇതിൻ്റെ നിവൃത്തിയാണ് അതിൻ്റെ ഉപായം അത് വെളിപ്പെടുത്താൻ വേണ്ടിയാണെന്ന് പറയുന്നത് അവിധാനത അസമ്യക് ദർശനം അത് ചോദിക്കും അതെങ്ങനെയിരിക്കും അതെങ്ങനെയാണ് അതിന് ഈ ഭാന നിവൃത്തി അത് വെളിപ്പെടുത്തുള്ളൂ കണ്ടെത്താൻ കഴിയില്ല അത് വെളിപ്പെട്ടാൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ട് അത് ജാഗ്രതയിലിരുന്നുകൊണ്ട് സ്വപ്നം എങ്ങനെയായിരിക്കും സ്വപ്നത്തിലിരുന്നു കൊണ്ട് ജാഗ്രത എങ്ങനെയായിരിക്കും അതിൻ്റെ അനുഭവത്തെ ആഗ്രഹിക്കുമ്പോഴാണ് ഒന്നുവിട്ടേ മറ്റൊന്നിലെത്താൻ പറ്റും പക്ഷെ രണ്ടും അനുഭവങ്ങളാണ് താനും നമ്മളൊന്നു വിട്ട് മറ്റൊന്നിലേക്ക് പോകുന്നുണ്ട് രണ്ടും വിട്ട് മൂന്നാമത് സൃഷ്ടിയിലേക്ക് പോകുന്നുണ്ട് ഒന്നിന്റെ ഇരുന്നുകൊണ്ട് മറ്റൊന്നിനെ വെളിപ്പെടുത്താൻ ശ്രമിക്കുക പ്രയാസം സാധിക്കില്ല ജാഗ്രതയിലിരുന്നു കൊണ്ട് ആർഗസ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ വയ്യ സ്വപ്നത്തിലിരുന്നു കൊണ്ട് ജാഗ്രത സാക്ഷാത്കരിക്കാൻ പറ്റും സാധ്യമല്ല ഇതിന്റെ രണ്ടിലിരുന്നു കൊണ്ട് സുഷുയെ സാക്ഷാത്കരിക്കാൻ പറ്റും ഇല്ല ഈ മൂന്നനുഭവങ്ങളും പരസ്പരം വേർപിരിഞ്ഞു നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ ജാഗ്രത്തിലിരുന്നു കൊണ്ട് തുരി അധികമേ അങ്ങനെ സാധിക്കും ഇതിൻ്റെ നിവൃത്തിനെ അത് സാധ്യമാകും അതിൻ്റെ നിവൃത്തി എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഷോക്കടിക്കുന്നത് പോലെയോ അങ്ങനെയൊന്നുമല്ല അതിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകളെല്ലാം അതിനെക്കുറിച്ചുള്ള കൽപ്പനകളെല്ലാം ഈ ജാഗ്രത്തിൽ അന്തർഭവിച്ചു പോയി അതാണ് അതിൽ വരുന്ന ദോഷം നിങ്ങൾ ജാഗ്രതയിലിരുന്നുകൊണ്ട് ബ്രഹ്മജ്ഞാനത്തെ ഭാവനയായി ആ ഭാവനകളെല്ലാം ഈ ജാഗ്രത്തിന് അംഗീർഭവിച്ചു പോയി അതുകൊണ്ടാണ് ഭാഷ്യാലം പറയുന്നത് ഇത് പ്രവൃത്തിക്ക് ഉപകരിക്കുന്നില്ല നിവൃത്തിക്ക് ഉപകരിക്കുന്നുള്ളൂ ബ്രഹ്മ അധികമോ എന്ന് പറയുന്നത് ഇതിൻ്റെ നിവൃത്തിയാണ് അതാണ് ഇവിടെയും പറയുന്നത് ഇതിൻ്റെ പ്രവൃത്തി എന്ന് കരുതുമ്പോഴാണ് നമ്മൾ വരുന്നത് എന്താണ് ഞാനത് അറിഞ്ഞിരിക്കുന്നു ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ആത്മദർശി പറയുന്ന ആ തരത്തിലല്ല അതാണ് പറയുന്നത് ഇതിൻ്റെ നിവൃത്തിയെ കുറിച്ച് നമ്മൾ സങ്കല്പിച്ചാൽ അത് പൂർണ്ണമാകത്തില്ല കാരണം ഈ ഭാനത്തിൻ്റെ നിവൃത്തി നിവൃത്തിയിലാണിത് പ്രകാശിക്കുന്നത് അപ്പം നിവൃത്തിയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളും പൂർണ്ണമാകത്തില്ല കാരണം അവിടെ രണ്ടില്ല ഈ ഭാനത്തിന്റെ നിവൃത്തിയിൽ ഒന്നും ഇതിൻ്റെ സ്വയം പ്രകാശം മറ്റൊന്നും അതുകൊണ്ട് സാങ്കേതികമായി പറയും അദ്വൈതത്തിൽ ചർച്ച ചെയ്യുന്ന കാര്യം എന്താണ് ഈ അജ്ഞാന നിവൃത്തി പറയും അത് ആത്മസ്വരൂപം തന്നെ അജ്ഞാന നിവൃത്തി എന്ന് പറയുന്ന ആത്മസ്വരൂപം തന്നെ അത് സാങ്കേതികമായൊരു ചർച്ചയാണ് അത് ആത്മസ്വരൂപമാണെങ്കിൽ അജ്ഞാനം നിവർത്തിയാൽ നമുക്കെങ്ങനെ ഭാവന ചെയ്യാൻ പറ്റും ആ ഭാവനയിൽ അജ്ഞാനം നിവർത്തിക്കുന്നില്ല അജ്ഞാനമാണ് ആ ഭാവനയ്ക്ക് പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് ഊഹാപോഹങ്ങളിലൂടെ ഭാവനയിലൂടെയൊന്നും സാക്ഷാത്കാരമെന്ന് പറയുന്ന സ്ഥിതി ഒരുവിനും സംജാതമാകത്തില്ല മാറിയാൽ ശേഷിക്കുന്നത് എന്നേ പറയാൻ പറ്റും വിഭ്രാന്തി നിവൃത്തമായ ശേഷിക്കുന്നത് ഏതുപോലെ സുശക്തി പോലെ അവിടെ ഈ ഭ്രാന്തി നിവൃത്തമായിരിക്കുന്നു അവിടെ എന്തോ ശേഷിക്കുന്നു അതുപോലെ മറിച്ച് എന്താണ് ഇത് വിജ്ഞാതം എന്ന് പറഞ്ഞാൽ അസമ്യക് ദർശന ഇന്ദ്രിയ മനോബുദ്ധിക്ഷേപ ആത്മദർശന അവരെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഇതിനെ നേടിയെടുക്കാൻ വേണ്ടി നമ്മളൊന്നും പരിശ്രമിക്കില്ല നേടിയെടുക്കാവുന്ന കരുതി എന്തെങ്കിലും പരിശ്രമിച്ചാൽ അത് ഭ്രാന്തിയാണ് മറിച്ച് പരിശ്രമങ്ങളെല്ലാം ഇതിനെ നിവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് അത് ശ്രമസാധ്യവുമല്ല ഒരാൾ ജാഗ്രതത്തിലിരുന്നു കൊണ്ട് ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കട്ടെ എനിക്കിപ്പോൾ സ്വപ്നത്തിലേക്ക് പോകണം ശ്രമസാധ്യമല്ല ആ കാര്യം ശ്രമങ്ങൾ അവസാനിച്ചാലേ പറ്റും ജാഗ്രതത്തിലെ എല്ലാ ശ്രമങ്ങളും അവസാനിച്ചാൽ അയാൾ സ്വപ്നത്തിലെത്താൻ പറ്റും മറിച്ച് ആരും ശ്രമത്തിലൂടെ അവിടെ എത്തിയിട്ടില്ല ശ്രമം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതാണ് സ്വേച്ഛയുള്ള ശ്രമം കോവിഷത്തോടുകൂടിയുള്ള ഒരു ശ്രമം ആ ശ്രമത്തിലുള്ള ഒരാൾക്ക് സ്വപ്നത്തിലെത്താൻ പറ്റത്തില്ല എന്തുകൊണ്ട് ഈ ശ്രമിക്കുന്ന ഈ ജാഗ്രത ബാധിക്കുന്ന സ്വപ്നം സ്വപ്നത്തിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ശ്രമം കൊണ്ട് ഇവിടെ എത്താൻ പറ്റും ഇനി നിങ്ങൾ ശ്രമിക്കുന്നു എന്നിരിക്കട്ടെ നിങ്ങൾ ശ്രമിച്ച് ശ്രമിച്ച് തളരും തളരുമ്പോൾ സ്വപ്നം എത്തിച്ചേരത്തില്ല തളർന്ന് തളർന്ന് അവസാനം ഈ ജാഗ്രത ഇല്ലാതെയാവും സുഷൃപ്തിയിലേക്ക് പോവും അവിടെ ജാഗ്രത ബാധിക്കപ്പെടേ ശ്രമം കൊണ്ട് ഇവിടെ അതുതന്നെ ശ്രമം കൊണ്ട് ഈ ഭാനങ്ങളെല്ലാം ബാധിക്കുന്നു സ്വപ്നത്തിലേക്ക് എങ്ങനെയാണ് പോകുന്നത് അതിൻ്റെ പ്രക്രിയ സഹജമാണ് ജാഗ്രതത്തിലേക്കും സ്വപ്നത്തിലേക്കും മാറി മാറി സഞ്ചരിക്കുന്നത് തുര്യൻ്റെ ഒരു കളിയാണ് അത് സ്വേച്ഛയ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ സഹജമെന്ന് പറയുന്നു അതുപോലെ ഇതും സഹജമായി സംഭവിക്കണം ശ്രമങ്ങൾ കൊണ്ടല്ലേ എത്തുന്നത് ശ്രമം കൊണ്ട് ഇത് നിവർത്തിക്കാം ജാഗ്രത നിവർത്തിക്കാം അതുപോലെ ഈ ആത്മദർശനവും സഹജമായി സംഭവിക്കുന്നതാണ് ശ്രമങ്ങളെല്ലാം ഈ ഭാനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഭാനത്രയം അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അതുകൊണ്ടാണ് അതിന് സഹജ സമാധി സഹജാനുഭവം എന്നെല്ലാം പറയുന്നത് അതു അത്യന്തമേവ്യുത്പന്ന ബുദ്ധി നാം േഷാം വിതംഭോദി ഇവിടെ ചർച്ച ചെയ്യുന്നത് പാമ്പനെ കുറിച്ചല്ലെന്ന് പറഞ്ഞു പാമ്പനെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നുമല്ല പാമ്പനെ സംബന്ധിച്ച് അവന് ജാഗ്രത സ്വപ്നവും സുഷുതിയും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ അവന് തിരിയെ സംബന്ധിച്ചും ഒന്നുമില്ലെന്നു വെച്ചാൽ ഇതൊന്നും അവന്റെ ചർച്ചക്ക് വിഷയമല്ല നടത്തും അവന് ഇതിന്റെ ഭേദങ്ങളെയോ ഇതിന്റെ വിശേഷതകളെ ഒന്നും മനസ്സിലാക്കുന്നില്ല അവൻ ജീവിച്ചു മരിക്കുന്നു അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ബ്രഹ്മത്തെ അറിഞ്ഞുവെന്നോ അല്ലെങ്കിൽ അറിഞ്ഞില്ലെന്നോ ഒന്നും കരുതുന്നില്ല അവൻ ബ്രഹ്മ ഒരു വിഷയമേയല്ല എന്താണ് അവന്റെ വിഷയമെന്നും അവൻ അറിയുന്നില്ല അവൻ ലോകത്തിൽ ജീവിച്ചു പോകുന്നു ഇവിടെ പറയുന്ന അതല്ല ഭാഷകാരനെടുത്ത് പറയുന്നു ഇവിടെ ചർച്ച ചെയ്യുന്നത് സാധാരണക്കാരനെ കുറിച്ചല്ല നമ്മുടെ സാധാരണക്കാരൻ എന്ന് പറയുന്ന അജ്ഞന്മാർ അവരെ കുറിച്ചല്ല അത് അവർക്ക് വേണ്ടിയുള്ളതുമല്ല ഇത് ബ്രഹ്മജ്ഞാനികളെ കുറിച്ച് തന്നെയാണ് കൂട്ടിച്ചർച്ച ചെയ്യുന്നത് ബ്രഹ്മജ്ഞാനി രണ്ടു കൂട്ടരുണ്ട് ഒന്ന് ബ്രഹ്മജ്ഞാനം എന്നുള്ള ഭ്രമത്തിൽ കഴിയുന്നവർ മറ്റൊന്ന് ബ്രഹ്മജ്ഞാനമെന്നുള്ള ഭ്രമത്തിൽ നിന്ന് മോചിച്ചവർ അവരെ കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന് അല്ലാതെ അജ്ഞന്മാരെ കുറിച്ച് താമരന്മാരെ കുറിച്ചിട്ട് പറഞ്ഞിട്ടെന്താ കാര്യം അവരോടൊത് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞാലിത് അവരുടെ തലക്കകത്ത് കയറത്തില്ല ഗ്രഹിക്കാൻ പറ്റും അവരുടെ കുറ്റമല്ല കഴുത കഴുതിയായി ജനിച്ച് കഴുതിയുടെ കുറ്റമാണ് കഴുതയാണെന്ന് പറഞ്ഞ് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ട് വേണമെങ്കിൽ നമുക്ക് പറയാം അത് അതിൻ്റെ ജന്മദോഷമാണ് അത് ഭാരം ചവക്കുക എന്നുള്ളതാണ് അതിൻ്റെ ജോലി അല്ലാതെ ചിന്തിക്കുക എന്നുള്ളതല്ല ഈശ്വരൻ അതിനെ അങ്ങ് സൃഷ്ടിച്ചു അപ്പോൾ അതിനെ നമ്മൾ മോശമാണെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടോന്നും ഒരർത്ഥമല്ലോ ഒരു കാര്യവും ചെയ്യണം കഴുതയുടെ മുമ്പിൽ പോയി ഈ ബ്രഹ്മജ്ഞാനം വിളം വരും അത്രയും വിവേകമൊക്കെ നമുക്ക് കാണിക്കണം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അതാണിവിടെ പറയുന്നത് അത്യന്തമേവ അഭ്യുത്പന്ന ബുദ്ധീന എന്നത് ഈ പറയുന്ന കാര്യങ്ങളും അത്യന്തം അഭ്യുത്പന്ന ബുദ്ധി അങ്ങനെയുണ്ട് മനുഷ്യരിൽ തന്നെ മറ്റു പല വിഷയങ്ങളും ഗ്രഹിക്കുന്നതിനുള്ള സാമർഥ്യം ഇതിൽ ശ്രദ്ധയും ഇതിൽ ഗ്രഹണ സാമർഥ്യമില്ലാത്തവരുണ്ട് മനുഷ്യരിൽ തന്നെ ആശ്രമത്തി ഉണ്ടെന്നല്ലേ ഞാൻ പറയുന്നു മനുഷ്യരിലുണ്ട് ചെറു വിചാരിക്കുകയെന്ന് എന്നെ കുറിച്ച് പറയുകയാണോ പറഞ്ഞു പറഞ്ഞു അങ്ങനെയല്ല പറയുന്നു മനുഷ്യരിലങ്ങനെയുണ്ട് അവിടെ ശ്രുതി വെറുതെ വിട്ടിരിക്കണം ശ്രുതി പറയുന്നു അവരെ വെറുതെ വിടുക അവരിപ്പെന്ത് പണിയാണോ ചെയ്തോണ്ടിരിക്കുന്ന അത് ചെയ്യട്ടെ അവരെ നിങ്ങൾ പിടിച്ചു വലിച്ച് സത്സംഗത്തിനുകൊണ്ടിരുത്തരുതെന്നാ പറയുന്നു ബുദ്ധിമുട്ടിക്കരുത് അത്യന്തമേവ് അവ്യുത്പന്ന ബുദ്ധി നർക്കവരുടേതായ ഗുണങ്ങളും മേന്മകളും എല്ലാം കാണും പക്ഷെ ഇതിനെ സംബന്ധിച്ചിടത്തോളം അവ്യുത്പന്ന ബുദ്ധിയാണ് ഒന്നും ഗ്രഹിക്കാൻ കഴിയുന്നില്ല ജന്മദോഷം കൊണ്ട് അപ്പൊ അത് വെറുതെ വിട്ടേക്ക് വിജ്ഞാതം അസ്മാവിർ ബ്രഹ്മേദ്യം അത്ഭവം ഇവിടെ ചിന്തകന്മാർക്ക് സംഭവിക്കുന്നത് പോലെയുള്ള ബ്രഹ്മജ്ഞാന ഭ്രാന്തിയൊന്നും അവർക്കില്ല ആ തരത്തിലവര് ഭാഗ്യവാന്മാരാണ് വിജ്ഞാതം അസ്മാവിതർ ബ്രഹ്മ അങ്ങനെയൊരു ബോധമൊന്നും അവർക്കില്ല ഞാനിതാ ബ്രഹ്മത്തെ അറിഞ്ഞില്ല കാരണം അവരതിനെ കുറിച്ച് കേൾക്കുന്നു ചിന്തിക്കുന്നുമില്ല അവരവരുടെ ലോകത്താണ് അവരെ കുറിച്ച് സഹതപിച്ചിട്ടും കാര്യമില്ല അവരെ കുറിച്ച് അതിനെ കൂടെ ചർച്ച ചെയ്യുന്നു ഇവിടെ വിത്പന്ന ബുദ്ധികളെ കുറിച്ചാണ് വിത്പത്തിയുള്ളവരെ കുറിച്ചാണ് പറഞ്ഞാൽ കുറേയൊക്കെ ഗ്രഹിക്കുന്നവരെ കുറിച്ചാണ് ശ്രവണം അവർക്ക് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഭ്രമം ഉണ്ടാകാം അത് പാടില്ലല്ലോ ശ്രുതി ഇത്രയും അനുകമ്പയോടുകൂടി ഈ വിദ്യ ഉപദേശിക്കുന്നത് ആർക്കും ഭ്രമം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ചിലവണമുള്ള അത് ഇല്ലാതാക്കുകയും വേണം വിശദീകരിക്കുന്നത് ഇന്ദ്രിയ മനോബുദ്ധി ഉപാധിഷു ആത്മദർശനാന്ത്വ ബ്രഹ്മ ഉപാധി വിവേക അനുപലംഭുദ്ധ്യാദി ഉപാധിശ്ച വിജ്ഞാത വിദിതം ബ്രഹ്മേത്യുബുദ്ധി ഭ്രാന്തി വിഭ്രാന്തി വിഭ്രാന്തി എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഭാഷ്യകാരൻ തന്നെ പറയുന്നു ഇന്ദ്രിയമനോബുദ്ധി ഉപാധിഷ്വാത്മദർശന മനസ്സിന് പരിശ്രമിച്ചാൽ ഏതുവരെ പോകാൻ പറ്റും അങ്ങേറ്റം മനസ്സിൻ്റെ നിലം വരും മനസ്സിൽ മനസ്സിന് നിൽക്കാനേ പറ്റും അതിനപ്പുറം പോകാൻ പറ്റത്തില്ല മനസ്സാണ് ഇതിനു വേണ്ടി ശ്രമിക്കുന്നത് മനസ്സ് ഇതിൻ്റെ അപകടം മനസ്സിലാക്കുന്നു താൻ ബന്ധനത്തിൽപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ താൻ ഈ ജീവനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ താൻ ഈ ജീവനോട് കൂടി ചേർന്ന് നിന്ന് അസ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ് ആ മനസ്സ് മോക്ഷത്തിനു വേണ്ടി ശ്രമിക്കുന്നു അവരാറല്ലേ ബന്ധവും മോക്ഷവും രണ്ടും ഈ മനസ്സിൻ്റെ സങ്കല്പമാണ് വ്യാവഹാരികമായ സങ്കല്പം അതാണ് ഇന്ദ്രിയ മനോ ബുദ്ധിപാദിഷോ ആത്മദർശന പരമാവധി പോയാൽ അത് മനസ്സിന്റെ തരത്തിൽ നിൽക്കും പിന്നെ അത് ബുദ്ധി ഇന്ദ്രിയങ്ങൾ ഇവിടെയെല്ലാം നിൽക്കും അതിലന്നെ ആത്മദർശനം എന്ന് പറയുന്നത് എന്താണോ ഇതൊക്കെയാണ് പരമാവധി എന്ന് വരുന്നത് അതാണ് അതിലുള്ള ആത്മദർശനം അല്ല സാധാരണ ഒരു മനുഷ്യൻ കൈ ആത്മാവുന്നു കാലാത്മാവുന്നു ഒന്നും കാണുന്നില്ല പക്ഷെ അതിനോടെല്ലാം താതാത്മ്യപ്പെട്ടിരിക്കുന്നു അല്ലേ കണ്ണാണ് കാണുന്നു എന്നറിയാതെ താൻ കാണുന്നു എന്നറിയുന്നു താനല്ലോ കാണുന്നു കണ്ണല്ലേ കാണുന്നു അത് ഇന്ദ്രിയങ്ങളിലുള്ള ആത്മദർശനമാണ് കണ്ണിനെ തന്നെ താനായി കാണുന്നു വാസ്തവം അതൊന്നും കാണുന്നവൻ ചിന്തിക്കുന്നില്ല ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നു നമ്മുടെ ആത്മദർശനമുണ്ട് രസനയാണ് രസിക്കുന്നത് പക്ഷേ അതിനോട് താതാല്മ്യപ്പെട്ടിട്ട് താൻ രസിക്കുന്നു എന്നു വരുന്നു കരണത്തെ കർത്താവായി കാണും എല്ലാം കരണങ്ങളാണ് എല്ലാത്തിനും കർത്തൃത്വം ബുദ്ധി വരുന്നു ഇവിടെ വീട് നിരിക്കും അറിയാൻ തന്നെ കഴിയുന്നില്ല അതിന് പിന്നിൽ ഞാനൊരു കർത്താവുണ്ട് ഇത് കേവലം കരണങ്ങളാണ് അങ്ങനെ അറിയുന്നില്ല അതാണ് ഇന്ദ്രിയങ്ങളിലുള്ള ആത്മദർശനം അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും സംഭവിക്കും അതിനോട് താതാത്മ്യപ്പെട്ടു പോകും മനസ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അവർക്ക് ബ്രഹ്മ ഉപാധി ബ്രഹ്മ ഉപാധി വിവേകം അവർ സംഭവിക്കുന്നുണ്ട് ഇതിനെല്ലാം നേരത്തെ പറഞ്ഞുള്ള കെ അഷിതം എന്ന് പറഞ്ഞാൽ അതുപോലെ ഈ കർണങ്ങളെ ചലിപ്പിക്കുന്നവനും ഈ കരണങ്ങളും തമ്മിലുള്ള വിവേകം വേർതിരി പറയുന്നതിനാണ് ബ്രഹ്മ ഉപാധി വിവേകം അനുപലംഭം അതിന്റെ ഉപലബ്ധി ഞാനവനുണ്ടാകുന്നില്ല വിവേകമുണ്ടാകുന്നില്ല ബുദ്ധിയാതി ഉപാധിഷ്ഠ വിജ്ഞാതത്വ അവന് പ്രകടമായിരിക്കുന്ന എന്താണോ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്ന് വെച്ചാൽ എന്തൊക്കെ ഒന്ന് തന്നെ മനസ്സ് ബുദ്ധി എന്ന് വേർതിരിച്ച് പറയുന്നുണ്ടെങ്കിലും ഒന്ന് രണ്ട് തരത്തിലൊന്നു തന്നെ വിജ്ഞാനമാണ് അവൻ അതിന്റെ ലോകത്താണ് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ലോകത്താണ് അവനെ സംബന്ധിച്ച് വിദിതം ബ്രഹ്മത്വത്തിന്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ലോകത്തേക്കുന്നവൻ ഈ ജാഗ്രത് അഭിമാനം ദൃഢമായിരിക്കുന്നവൻ സ്ഥിതി ചെയ്യുന്നവനോ അവന് ഇവിടെ പലതരത്തിലുള്ള അനുഭവം ഉണ്ടാകും ഈ പ്രപഞ്ചഭാനം പോലെ തന്നെ അവന് ബ്രഹ്മഭാനവും ഉണ്ടാവും അതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി എന്നൊരനുഭവം ഉണ്ടായാൽ പോലും അതും ഭാനകോടിയിലാണ് എന്ന് പറയുന്നു അദ്വൈതത്തിൽ അതും ഒരു ഭാനം തന്നെ അതും പരമാർത്ഥമല്ല ഏതെങ്കിലും തരത്തിൽ വിദ്യുതം ബ്രഹ്മ എന്ന് തോന്നുകയാണെങ്കിൽ ഭ്രാന്തി കേവലം ഭ്രമമാണോ മുക്തിയിലെ ഭ്രമമില്ലാതെയുള്ളൂ മുക്തിയിൽ ഭ്രമം നിയോഗിച്ചാലെന്താ അത് മുക്തിയിൽ ഭ്രമമില്ലാതാകുക എന്ന് പറഞ്ഞെന്താ ഭ്രമത്തിൽ നിന്നുള്ള മുക്തി എന്നാണ് അതിന്റെ അർത്ഥം മുക്തി ഭ്രമത്തിൽ നിന്നാണ് സംഭവിക്കേണ്ടത് ഈ ഭാനത്തിൽ നിന്നാണ് മുക്തി സംഭവിക്കേണ്ടത് ഈ പ്രതീതിയിൽ നിന്നാണ് മുക്തി സംഭവിക്കേണ്ടത് പ്രതീതിയിൽ നിന്നും ഭാനത്തിൽ നിന്നും ഉള്ള മുക്തി എന്ന് പറയുമ്പോൾ ഈ പ്രതീതി മറയുക എന്നുള്ള അർത്ഥമല്ല മറിച്ച് ഈ പ്രതീതിയിൽ നിന്നും ഭാനത്തിൽ നിന്ന് സ്വയം സ്വതന്ത്രനാകുക അതാണ് സ്വതന്ത്രനാകുന്നതിന് മറയേണ്ട കാര്യമില്ല മറഞ്ഞാലും വിരോധമില്ല ഇത് മറഞ്ഞാൽ മുക്തനാകണമെന്നുമില്ല അതാണ് സുഹൃത്തി സംഭവിക്കുന്നു ഈ ഭാനം പ്രതീകയോളം മറയുന്നു പക്ഷേ വീണ്ടും താൻ ബന്ധനത്തിലേക്ക് വരുന്നു അപ്പം മറയുക എന്നുള്ളതല്ല ഭ്രാന്തിമുക്തി ആ ഭ്രാന്തിമുക്തിയിൽ വിജിതം ബ്രഹ്മ എന്നവൻ മനസ്സിൻ്റെയോ ബുദ്ധിയുടെയോ തലത്തിൽ അറിയുന്നില്ല ആ ഭ്രാന്തിയിൽ നിന്നും അവൻ മുക്തനായിരിക്കുന്നു വിജയത സമ്യക് ദർശനം അതാണ് സമ്യക് ദർശനം ഈ ഭ്രാന്തി മാറിയാൽ ശേഷിക്കുന്നതാണ് സമയക് ദർശനം ഇനി സമയ ദർശനത്തെ കുറിച്ച് പറയാൻ സമയ ദർശനം ഇന്ന തരത്തിലാണെന്ന് പറയാൻ വയ്യ സമയക് ദർശനം തത്വമസ്മിയാണ് അഹംബ്രഹ്മാസ്മിയാണ് എന്നൊന്നും പറയാൻ വയ്യ കാരണം ഈ അഹം ബ്രഹ്മാസ്മി ദത്തുമസി എല്ലാം ഭ്രാന്തമായി അനുഭവപ്പെടാം അതുകൊണ്ടാണല്ലോ ഒരുവൻ ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു ഇത്തരം അനുഭവങ്ങളും അങ്ങനെ വരാം അത് ശ്രുതിയെ തന്നെ ബോധിപ്പിക്കുന്നതാണ് പറഞ്ഞിട്ട് കാര്യമില്ല ശ്രുതി ബോധിപ്പിക്കുന്നതിനും ഒരുവന് ഭ്രാന്തി ഉണ്ടാവാം അത് അത് മാറ്റാനാണ് ഇവിടെ പറയുന്നത് പറഞ്ഞല്ലോ ഇവിടെ പറയുന്നത് പാമ്പരന് വേണ്ടിയിട്ടല്ല അത് തന്നെ ഇവിടെ പറയുന്നു സമ്യക് ദർശന പൂർവപക്ഷത്തേന ഉപന്യസ്തേ അതുകൊണ്ട് ഇതിനെയെല്ലാം നമ്മൾ പൂർവപക്ഷമായി ഗ്രഹിച്ചാൽ മതി ആത്മബോധത്തെക്കുറിച്ച് സാധാരണ പറഞ്ഞു വരുന്ന എല്ലാ കാര്യങ്ങളും ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പൂർവപക്ഷമായി ഗ്രഹിച്ചാൽ മതി ഒന്നും സിദ്ധാന്തമല്ല അതാണ് സമ്യക് ദർശന പൂർവപക്ഷത്വേന വിജയിച്ചാൽ മതി ഇപ്പൊ സിദ്ധാന്തം എന്താ അത് വിധിത അവിധുതാഭ്യാം അന്യത് പറഞ്ഞു അറിഞ്ഞതിൽ നിന്നും അറിയപ്പെടാത്തതിൽ നിന്നും അന്യത് അതാണ് സിദ്ധാന്തം സമ്യക് ദർശനം വിജ്ഞാതം അവിജാനതം അതിനാണ് ഇവിടെ പറഞ്ഞത് അവിജാന വിജ്ഞാതം ഇത്തരം ദ്വന്ദ്വാത്മകമായ അനുഭവങ്ങളിൽ നിന്നും മോചിച്ചവനാണ് അതിനറിയുന്നത് അതൊന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ സാധ്യമല്ല അതെന്തല്ലെന്നാ എന്നെ പറയാൻ പറ്റും എന്നെ ശ്രുതി പറയുന്നത് ആചാര്യൻ അങ്ങനെ പറയുന്നത് നിന്നതല്ല എന്നെ പറയുന്നു ഒരാളോട് ജാഗ്രതയിലിരുന്നു കൊണ്ട് സ്വപ്നം ഇന്നതാണെന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും എങ്ങനെ അനുഭവപ്പെടുത്തി കൊടുക്കാൻ പറ്റും ഓരോ ഒരു വഴിയുണ്ട് അത് ജാഗ്രത അല്ല എന്ന് ബോധിപ്പിക്കും ജാഗ്രത അല്ല എന്ന് ബോധിപ്പിക്കുന്ന സ്വപ്നം ഇല്ലെന്നാണോ അതിനർത്ഥമല്ല സ്വപ്നമുണ്ട് പക്ഷേ ജാഗ്രതയിലിരുന്ന് മറ്റൊരാളെ ബോധിപ്പിക്കുമ്പോൾ അതിന് ജാഗ്രത അല്ലെന്നേ ബോധിപ്പിക്കാൻ പറ്റും അല്ല അത് ഇന്നത് സ്വപ്നം ഒന്ന് ബോധിപ്പിക്കാൻ പറ്റത്തില്ല അത് ബോധിപ്പിക്കണമെങ്കിൽ പിന്നെ സ്വപ്നത്തിലേക്ക് പോകണം അവിടെ ചെന്നാലും ബോധിപ്പിക്കേണ്ട ആവശ്യവും അവിടെ ഈ ബോധനം അവിടെ നിഷലമായിത്തീരുന്നു എന്തുകൊണ്ടത് സ്വാനുഭവമായി ഇവിടെ ബോധിക്കേണ്ടവനും ബോധിപ്പിക്കേണ്ടവനും അവിടെയില്ല അതുപോലെ തന്നെ വിജ്ഞാതം അവിജാനതാമിതി അഥവാ ഹേതുർത്ഥം ഉത്തരാർത്ഥം അവിജ്ഞാതം ഇത്യാദി ഇവിടെ പൂർവാർത്ഥത്തിൽ പറഞ്ഞതിന് യസ്യാമതം തസ്യമതം മതം യെസ് വേദസ എന്ന് പറയുന്നതിന് ഉള്ള യുക്തിയാണ് പിന്നീട് പറയുന്നത് എന്തുകൊണ്ടങ്ങനെ പറയുന്നു യസ്യമതം തസ്യമതം മതം യസ്സിന്ന വേദസ എന്നെന്തുകൊണ്ട് പറഞ്ഞു അതിൻ്റെ യുക്തിയാണ് പറഞ്ഞത് ഹേതുരൂപത്തിൽ എന്താണ് അവിജ്ഞാതം വിജാനത വിജ്ഞാതം അഭിജാനത അങ്ങനെയാണ് കണ്ടുവരുന്നത് ഒരു പരമ്പരയിൽ അങ്ങനെയാണ് സത്യം നിലനിൽക്കുന്നത് അറിഞ്ഞു എന്ന് അവകാശപ്പെടുന്നവർ ഇതിനെ അറിയുന്നില്ല അറിഞ്ഞവർക്ക് ഇത് വിഷയമല്ല അതുകൊണ്ട് എന്താണ് എ സ്യമതം തസ്യമതം അങ്ങനെ യോജിപ്പിക്കാം അപ്പോൾ ഒന്ന് ആദ്യം ഇത് വ്യാഖ്യാനിച്ചത് പരവുമായ സത്യത്തിന്റെ പ്രകാശനം എന്നുള്ള നിലയ്ക്ക് രണ്ടാമത് പറയുന്നത് പരവുമായ അനുഭവത്തിന്റെ യുക്തി എന്നുള്ള നിലയ്ക്ക് രണ്ട് തരത്തിൽ ഈ മന്ത്രത്തെ വ്യാഖ്യാനിക്കാമെന്നാണ് ഭാഷ്യകാലം പറയുന്നത് യ മതം തേദസോധവിതം അമൃതം ഹി വി എന്തെങ്കിലും ഒരു പുതിയ കാര്യം പറയുന്നു ധരിക്ക ശ്രുതിയുടെ ഒരു രീതിയാണ് നിങ്ങളുടെ ഉപദേശത്തിന്റെ ഒരു രീതിയാണ് സംഗ്രഹിച്ചു െ വിശദീകരിച്ച് പറയും ഭാഷകാരനും അതാ ചെയ്യുന്നു ആദ്യം സൂത്രവാക്യങ്ങളിലൂടെ പറയും പിന്നീട് സ്വയം അതിനെ വ്യാഖ്യാനിക്കും ശ്രുതി അത് തന്നെ ചെയ്തു സംഗ്രഹിക്കുന്നു വിപുലീകരിക്കുന്നു പ്രതിബോധവിദിതം മതം എന്ന് പറയുമ്പോൾ അതിന് ഇതുവരെ പറഞ്ഞതിന് സംഗ്രഹിച്ചിരിക്കുന്നു നമ്മൾ കേട്ടതിൽ നിന്നും പുതിയതായി എന്തെങ്കിലും കേൾക്കാനായി ശ്രമിക്കേണ്ട പറയാനും ശ്രമിക്കുക അത് പിന്നെ നമുക്ക് അതിൻ്റെ രീതി മാറ്റി പറയാം ശൈലികൾ മാറ്റി പറയാം വേറെ തരത്തിലൂടെ മനസ്സിലാവും ഏതു വഴിക്കൂടെയാലും ചെന്നെത്തുന്ന ഒരു സ്ഥലത്ത് തന്നെ അതിൻ്റെ പരമാർത്ഥത്തിൽ പുതുമയൊന്നുമില്ല ആഖ്യാന ശൈലിയിൽ ചിലപ്പോൾ എന്തെങ്കിലും കൊതുമുകൾ വന്നിരിക്കും ശ്രുതിയെ സംബന്ധിച്ച് വെളിപ്പെടുത്താൻ ഒരു കാര്യമേ അതിനെ വെളിപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുന്നു അതാണ് ഈ മന്ത്രത്തിന് ചെയ്യുന്നത്